शान्त मुखे വൈഭവം തം നരം വക്ഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തുന്തിലം മഹാ गुरु देवो ഗുരുദോ गुरु ഗുരുസാക്ഷാത് പരം तस्मै श्री ശ്രീഗുരവേ നമ ീശ്വരോ ഗുരുരാത്മേതീ മൂർത്തിഭേദവിഭാഗിനീ വ്യോമവ്യാതദേഹാ ദക്ഷിണമൂർത്തമധ്യം നിഗരചരണം നമഗോത്രം നൂത്രം ോ ജാതിർത്തി പുരുഷോന്നുസം നീക്കം മരണം നാസ്തി പുണ്യം നാപം തോ തും സഹജ സമരസം സദ്ഗുരു തം നമാ സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാ അസ്മദാര്യപര്യം വന്ദേ ഗുരുപരം പര മൗനവ്യകട്രഹ്മുവാർഷിഷ്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീഡേ विभासकाय शांताय वेदिभासकाय याताय सन्यासीने नानावादिनगेन्द्र सघपवव योगींद्रवंदय तस्मै मोहद्वांतवाकत्ता नमोस्तु सतत पूर्णा बोधात्मने അപാരസിസുഖവാരരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്തിവിഹീനം ഹൃദി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിത്തോ നാഹം തദ്ധാത്മസദ്ഭാവത ാവയു കു വർധിയ ദൃഷ്ടാത്മനം സോഹം സ്ഫൂർത്തിതയാ അരുണാചലശ പൂർണോ ്യരുചലസം ഭൂ സ്ഥിവാ പ്രളീനമേതം ഹൃദ്യഹിത്മതയാ നൃത്യോസ്തേ വൃദയം നാമ അഹമിതി കന്ഷ്യന്ത തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസം ധ്യശ്യോദി ർപ്പനസ പശ്യൻ സർവൃതിയാതും ഭജത്തെ അനന്യീത്യാ സജയത്യണാചല ി സുഖേ മഗ്ന ഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം കഹമഹമിതി സാക്ഷാത്മരുപേണ ഭാതി ഹൃദി വിശ മനസാ സ്വ ചിന്വതാ പവന ചലന രുാത് ആത്മനിഷ്ടോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചസേക്ഷുചാണപ്രിം നൗമിപ്പി നാകേ കോണത്രയസ്ുലദൈവതഹ നാമിഥലേഖാലൃതകുന്താ ഭവാം നിർപണസുധാനദീ ചൂടോത്തും സിതചന്ദ്രചാരുക്കലി ചിഖാ ഭാസ്വരോ ലീലാദഗ്ധവിലോല കാമശലഭശ്രേദശാഗ്രേ അന്തസ്ഫൂർജോഹതിര പ്രാഗ്ഭാരുച്ഛാടയ ചേതോ വിജയത്തെ ജാനപ്രദീപോര ശാരദാരോജവദുജേസ്മാക്കും സധി സിധി കിട്ട नाकाजिराजस्तुताूका कती सुरधुनीका शैभव श्रीकाीनगरी विहाररसिका शोकापन्ी सता पुण्यपरम परा पशुपते आकारिणी राजते േയം സദാ പരിഭവഗ്രമഭീഷ്ടോഹം തീർസ്പദം ശിവ വിവിഞ്ജിതം ശരണ്യം വൃത്യാർത്തിഹം പ്രണതപാലഭവാധിപോതം വന്ദേ മഹാപുരുഷത്തെ ശരണാരവിന്ദം ഹരി ഓ गोविन्दम भज गो गो संप्राप्ते सन्निहिते काले ഭജോവിന്ദം ഭജോവിന്ദ്രാപ്ണേ ഈ മോഹബുദ്ഗരം എന്ന ഈ ഭജഗോവിന്ദത്തില് അനേകം ശ്ലോകങ്ങള് നമ്മള് പല ഭാഗത്തു നിന്നുമായിട്ട് എടുത്തു നോക്കി വത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീസക്ത വൃദ്ധസ്താവത് ചിന്താസക്ത പരമേ ബ്രഹ്മണി ഗോപിനസക്ത ഇതാണ് ഇന്നലെ കണ്ട ശ്ലോകം ബാല്യം കൗമാരും യൗവനം വാർദ്ധക്യം ഈ അവസ്ഥകളൊക്കെ തന്നെ ശരീരത്തിനു വരുന്നു സ്വപ്നം സുഷുദ്ധി എന്ന അവസ്ഥകളൊക്കെ മനസ്സിന് വരുന്നു നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ഒരവസ്ഥയല്ല ആത്മസാക്ഷാത്കാരം ഒരവസ്ഥയല്ല അവസ്ഥ എന്ന് വെച്ചാൽ വരുന്നതും പോകുന്നതുമാണ് അവസ്ഥ ഏത് വരുവോ അത് പോകും ഏതിന് വരവുണ്ടോ അതിന് പോക്കുണ്ട് ചലനമുണ്ട് പ്രത്യക്ഷമാവുന്നത് മറിഞ്ഞു പോ അരുണാചല അക്ഷരമണമാലയില് രമണ മഹർഷി പറയുന്നു പോക്കും വരവുമില്ല പൊതുവിളിയിനിൽ അരുൾപോരാട്ടം കാട്ട് എന്ന അരുണാചല വരിക പോവുക എന്നുള്ള ഒരു അവസ്ഥയില്ലാതെ ശാശ്വതമായ സ്ഥിതി എനിക്ക് പ്രകാശിപ്പിക്കൂ ഭഗവാനെ വരിക പോവുക എന്ന് വെച്ചാൽ എന്താ ചതനം മുമ്പിൽ വരുന്ന പൊരുളൊക്കെ മറഞ്ഞു പോകും അതേപോലെ നമ്മളുടെ ശരീരത്തിന് വരുന്ന അവസ്ഥകളൊക്കെ മറഞ്ഞു പോകും കുട്ടിക്ക് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കൗമാരപ്രായം വരും യൗവനം വരും വാർദ്ധക്യം വരും അപ്പൊ അതാത് അവസ്ഥകളെ ആശ്രയിച്ചുകൊണ്ടുള്ള വികാരത്തിന് പ്രാമുഖ്യം കൊടുക്കുമ്പോ നമ്മൾക്ക് ശാശ്വതമായ സ്ഥിതി ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നു അപ്പൊ ചെവിയ കുട്ടികളായിരിക്കുമ്പോ കുട്ടികളുടെ രസം രുചി എവിടെയാ കളി അതാണ് ബാലസ്താവത് ക്രീഡാസക്ത കുട്ടികളായിരിക്കുമ്പോ തന്നെ സാക്ഷാത്കാരം ഉണ്ടാവുകയാണെങ്കിലോ ന്യസ്തക്രീഡനകോ ബാലോ ജഡപത്തന്മനസ്തയാ കൃഷ്ണഗ്രഹഗൃഹീതാത്മാനവേദഗീദൃശം ഷൻ ശ്രീപൻ ബ്രുവൻ നനുസത്തേതോവിതചിത് റുദതി വൈകുണ്ഠ ചിന് ശബലച്ചേത ചിന്ഹ്ലാദ ഉദ്യതി കിട്ടാദ ഭാഗവത പറയുന്നു ന്യസ്തീടനകളിപ്പട്ടങ്ങൾ മാച്ചി വെച്ചു നമ്മൾ ക്രീഡാസക്ത എന്നുള്ളത് പൊതു നിയമം കളിപ്പാട്ടങ്ങൾ മാറ്റിവെക്കാൻ കാരണം എന്താ ഗർഭത്തിൽ കിടക്കുമ്പോ തന്നെ ബ്രഹ്മോപദേശം കിട്ടി ബ്രഹ്മോപദേശം കിട്ടിയപ്പോ കുട്ടി എന്തിനു കളിക്കുന്നു കുട്ടിയുടെ കളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ഒരേ ഉദ്ദേശമേ ഉള്ളൂ കുട്ടി ജനിച്ച ഉടനെ ക്വാ ക്വാ ക്വാ ക്വാറിഞ്ഞു എന്തിനു കരഞ്ഞു പാല് കുടിച്ചപ്പോ കരച്ചിൽ നിർത്തി വിശപ്പ് എന്നൊരു ദുഃഖം വന്നു ആ ദുഃഖത്തിന് ചികിത്സ ചെയ്തപ്പോ സമത്വം നമ്മളുടെ യഥാർത്ഥ സ്ഥിതി അപ്പൊ കരച്ചൽ നിന്നു കുറച്ച് കഴിഞ്ഞാൽ കളിപ്പാട്ടം വേണം എന്നൊരു ആഗ്രഹം ആഗ്രഹം ഒരു ദുഃഖം കളിപ്പാട്ടം ആ ആഗ്രഹം പോയപ്പോ സമത്വത്തിലേക്ക് വന്നു സന്തോഷം അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മളുടെ സമത്വസ്ഥിതിയിലേക്ക് വരണം സമത്വം യോഗ സമത്വം നമ്മളുടെ ഉള്ളില് നമ്മുടെ സ്വരൂപ കുട്ടിക്ക് കളിപ്പാട്ടം വെച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സുഖം സുഖത്തിന് വേണ്ടിയാണ് സുഖത്തിനു വേണ്ടിയാണ് കളിപ്പാട്ടത്തിലെ രുചി കുറച്ചു ആ കളിപ്പാട്ടത്തിലുള്ള സുഖം പോയി കഴിഞ്ഞാൽ അത് വലിച്ചെറിഞ്ഞു തരുണസ്താവ തരുണീശക്ത അടുത്ത സ്റ്റെപ്പ് താരുണ്യത്തില് യൗവനത്തിനനുസരിച്ചുള്ള കാമം മുതലായിട്ടുള്ള വികാരങ്ങള് ആകർഷണം കുറച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യവസ്ഥയിലോ അതിനും പ്രയോജനമില്ലാതാവുമ്പോ വൃദ്ധസ്ഥാവ പഴയ കാര്യങ്ങളൊക്കെ ചിന്താസക്ത അപ്പൊ ശ്രദ്ധ എപ്പോഴും നമ്മളല്ലാത്ത വസ്തുക്കളിലാണേ ഞാൻ അല്ലാത്ത വസ്തുക്കളിൽ എത്ര കാലം ശ്രദ്ധയോ അത്രകാലം എനിക്ക് എന്നെ അറിയാൻ കഴിയില്ല നമുക്ക് ജീവിതത്തിന്റെ പരമപ്രയോജനം എന്താ അവനവനെ അറിയുക ആത്മസാക്ഷാത്കാരം ആണോ പരമപ്രയോജനം എന്നെ അറിയാത്ത ഞാൻ എന്തൊക്കെ തന്നെ അറിഞ്ഞാലും ആ അറിവൊക്കെ എനിക്ക് ദുഃഖമായിട്ട് തീരും എല്ലാ അറിവും അവസാനം ദുഃഖമായിട്ട് തീരും അറിയുന്ന അറിവൊക്കെ തന്നെ ദുഃഖമായിട്ട് തീരും പഠിച്ചതൊക്കെ ഒരു കാലത്ത് മറക്കേണ്ടി വരും അപ്പൊ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നുള്ള അവസ്ഥകളൊക്കെ ശരീരത്തിന് ഉണ്ടാവട്ടെ ഞാൻ എന്നെ അറിഞ്ഞു എന്ന് വെച്ചാൽ ഈ ബാല്യമോ കൗമാരമോ യൗവനമോ വാർദ്ധക്യമോ എന്നെ ബാധിക്കില്ല അതിന്റെ ചേഷ്ടകളും എന്നെ ബാധിക്കില്ല വാർദ്ധക്യവും ബാധിക്കില്ല ശ്രീരാമചന്ദ്രനോട് യോഗവാസിഷ്ടത്തിൽ വധിഷ്ഠൻ പറഞ്ഞു രാമന് പതിനാറ് വയസ്സ് രാജ്യകാര്യങ്ങളിൽ രുചിയില്ല പ്രവൃത്തികളിൽ രുചിയില്ല ഏകാന്തത്തിൽ ചെന്നിരിക്കുക വശിഷ്ഠം പറഞ്ഞു ഹേ രാമ യൗവനം ഒഴുകിപ്പോകുന്ന നദിയാണ് ഉള്ള സമയത്ത് പ്രയോജനപ്പെടുത്തണം ഏറ്റവും സുഖകരമായ സ്ഥിതി ആ സമയത്ത് ഇങ്ങനെ ഏകാന്തം ആശ്രയിച്ച് ഇങ്ങനെ ഇരിക്കണമല്ലോ രാമൻ പറഞ്ഞു ഭഗവാനെ യൗവനം സുഖമാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അത്യധികം ദുഃഖമായ അവസ്ഥയാണ് തേ ധന്യാഹാ തേ മഹാത്മാനഹ തേവ പുരുഷാഭൂമി ഏ സുഖേന സമുദിയെന്നാ ഹാ സാധോ യൗവന സങ്കടാതെ ഈ യൗവനം എന്ന് പറയുന്ന സങ്കടമായി ഈ സമുദ്രത്തിന് ഒരപകടം പറ്റാതെ പതറാതെ സ്വഭാവത്തിന് കേടുപാടൊന്നും കൂടാതെ തരണം ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നവർ ധന്യന്മാരാണ് മഹാത്മാക്കളാണ് തപസ്വികളാണ് അങ്ങാവട്ടെ ഈ യൗവനത്തിനെ വാഴ്ത്തുന്നു ഇതുപോലൊരവസ്ഥയില്ല എന്ന് പറയുന്നു എനിക്കാവട്ടെ ഇത് ഭയങ്കരമായിട്ട് തോന്നും എല്ലാ വശത്തും കടിക്കാൻ വരുന്ന പോലെയുള്ള സ്ഥിതി മികച്ചതി ആശാ പിശാചിക ആശയാവുന്ന പിശാശ് പല സ്ഥലത്തേക്കും വലിച്ചു എന്നാണ് അപ്പൊ ഈ യൗവനത്തിൽ എന്ത് സുഖമുണ്ട് എന്നാ രാമൻ ചോദിക്കണം കാരണം എന്താ യൗവനത്തിന് ഉള്ള സുഖം കുറച്ചു കഴിഞ്ഞാൽ വിട്ടുപോകും എന്ന് കാണുമ്പോ തന്നെ ദുഃഖം വിട്ടുപോകാതിരിക്കാൻ വല്ല വഴിയുണ്ടോ എന്നാണ് നോക്കണത് അതും നഷ്ടപ്പെട്ടു പോകും അപ്പൊ ഇതൊക്കെ കാരണം എന്താ ഈ ദേഹത്തിന് ഞാൻ എന്ന് കരുതിയാൽ ദേഹത്തിന് പരിണാമം ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോ ഞാനും പരിണമിക്കുന്നു എന്നൊരു ഭ്രമം വാസ്തവത്തിൽ ഞാൻ പരിണമിക്കുന്നുണ്ടോ ഞാൻ പരിണമിക്കുന്ന വസ്തുവാണോ എനിക്ക് പരിണാമ സാധ്യമാണോ എനിക്ക് എന്തെങ്കിലും പരിണാമ സാധ്യമാണോ എൺപത് വയസ്സായ ഒരു മുത്തശ്ശൻ തന്റെ പേരക്കുട്ടിയെ വിളിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു അതിലെ ഏതോ കുട്ടിക്ക് ആണ്ടിനറിവ് ഒരു വയസ്സ് തയ്യാറ ഒരു വയസ്സ് തികയാണ് അതിന്റെ വീഡിയോ ഷോ ആണ് പേരക്കുട്ടിയോട് ചോദിച്ചോ അത് ആരാണെന്നറിയോ പേരക്കുട്ടി അറിയില്ല ഇത് ഞാനാണ് മുത്തശ്ശൻ പറയാണ് ശതാഭിഷിക്തനായ മുത്തശ്ശൻ പേരക്കുട്ടിക്ക് ഒരു വയസ്സുള്ള ഒരു കുട്ടിയെ കാണിച്ചു കൊടുത്തിട്ട് ഞാനാണ് അയ്യേ മുത്തശ്ശനെ പോലെ ഇല്ലല്ലോ ഇത് ഞാൻ തന്നെ മുത്തശ്ശനെ പോലെ അത് ശരീരം മാറി അപ്പൊ മുത്തശ്ശം മാറിയില്ലേ ഇല്ല ഞാൻ മാറിയില്ല ദേഹം വളർന്നു ദേഹം പരിണമിച്ചു ദേഹം ക്ഷയിച്ചു ഇപ്പൊ അൻപത് വയസ്സായി ഞാൻ അതേ ആള് തന്നെ അപ്പൊ എന്താ എല്ലാവർക്കും ഒരു അനുഭവം ഞാൻ മാറിയിട്ടില്ല അനുഭവം എല്ലാവർക്കും ഉണ്ട് ഞാൻ മാറാത്ത വസ്തുവാണെന്നും മാറിയിട്ടില്ല എല്ലാവർക്കും അനുഭവമുണ്ട് നോക്കണം സാക്ഷാത്കാരം നേടിയെടുക്കാനുള്ളതല്ല സാക്ഷാത്കാരം ഇപ്പൊ തന്നെ ഉണ്ട് അറിയാനുള്ളതാണ് അതിന്റെ ഒരു ലക്ഷണമാണ് പറഞ്ഞത് ഞാൻ എന്നുള്ള അനുഭവം ഒരു മാറ്റവും കൂടാതെ നിത്യനിരന്തരമായിട്ട് ഒരേ വിധത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ശരീരം മാറി പക്ഷെ ശരീരത്തിന്റെ മാറ്റം നമുക്ക് അറിയുന്നില്ല ശരീരത്തിന്റെ മാറ്റമൊക്കെ മറ്റുള്ളവർ പറഞ്ഞു തന്നാലേ അറിയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ശരീരബോധം ആർക്കും ഇല്ലാതെ ശരീര അഭിമാനമേ ഉള്ളൂ ശരീര ബോധം ഇല്ല ശരീര ബോധം ഉണ്ടാവാൻ പറ്റില്ല ശരീരം ജടമാണ് അതിന് എവിടെ നിന്ന് ബോധം ഉണ്ടാവും ബോധത്തിന് ശരീരം ശരീരത്തിന് ബോധം ഇല്ല ശരീരത്തിന്റെ പരിണാമത്തിന് എന്റെ പരിണാമം എന്ന് കരുതുന്നു ശരീരത്തിന്റെ പൂജയെ എന്റെ പൂജ എന്ന് കരുതുന്നു ശരീരത്തിന് നല്ലത് സംഭവിച്ചാൽ എനിക്ക് സംഭവിച്ചു എന്ന് കരുതുന്നു ഇത് കൂട്ടിക്കൊഴച്ചിരിക്കുകയാണ് ചൈതന്യത്തിനെയും ജടത്തിനെയും കൂടെ കൂട്ടിക്കൊഴച്ചിരിക്കും ദേഹത്തിന്റെ മരണത്തിനെ എന്റെ മരണം എന്ന് കരുതുന്നു വാസ്തവത്തിൽ മരണമില്ലാത്ത വസ്തുവാണ് ഞാൻ എന്നുള്ള അനുഭവവും നമുക്ക് സ്വതസിദ്ധമാണ് മഹാഭാരതത്തില് യക്ഷപ്രശ്നത്തിൽ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിക്കുന്നു ലോകത്തിലെ ഏറ്റവും ആശ്ചര്യമായ കാര്യം എന്താണ് വിധിഷ്ഠിതം പറഞ്ഞു ഓരോ ദിവസവും ആളുകൾ മരിക്കുന്നു നമ്മൾ പത്രത്തിൽ വായിക്കുന്നു ടി വിയിൽ കാണുന്നു അഹന്യഹനി ഭൂതാനി ഗച്ഛന്തീഹ യമാലയം ശേഷാഹാ സ്ഥാപരമിച്ഛന്തി യാശ്ചര്യമതപരം ദിവസ ആളുകൾ മരിക്കുന്നത് കണ്ടിട്ടും ചിലരൊക്കെ അഭിമാനത്തോടെ പറയും എത്ര പേരെയാണ് ഞാൻ ശ്മശാനത്ത് കൊണ്ടുപോയി കത്തിച്ചിട്ട് വന്നിരിക്കുന്നത് എന്നിട്ടും തനിക്ക് മരണമുണ്ട് ആളുകൾക്ക് തോന്നണില്ലല്ലോ ി ആശ്ചര്യം അതപ്പരം ഇതിനേക്കാളും വലിയ ആശ്ചര്യം എന്താ ഉള്ളത് നമ്മൾ കേൾക്കുമ്പോ ഉടനെ നമ്മള് ഇതിന്റെ വിദ്യുത്വത്തിനെ കുറിച്ച് ആലോചിച്ച് ഒന്നിച്ചിരിക്കും ഒരുപാട് പേരുടെ മുഖത്ത് ഇത് വാസ്തവമാണെന്ന് ഉള്ള ഭാവം കാണുന്നു പക്ഷേ ഇതിന് സാധാരണ നമ്മൾ അർത്ഥം പറയണത് കഷ്ടം മനുഷ്യന് ഇതുപോലും തോന്നണില്ലല്ലോ എന്നാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് തോന്നാത്തത് ഇനി എത്ര തന്നെ ഭയപ്പെടുത്തിയാൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചിരുത്തി ഞാൻ ഭയപ്പെടുത്തി കൺവിൻസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് തോന്നില്ല നിങ്ങൾ മരിക്കാൻ പോകണമെന്നുള്ളത് കുറച്ച് നേരത്തേക്ക് വേണമെങ്കിൽ പേടിക്കുമായിരിക്കാം പിന്നെ കുറച്ചു കഴിഞ്ഞാൽ ആ ഭയം പോകും എന്തുകൊണ്ട് ഭയപ്പെടാൻ സാധിക്കുന്നില്ല നമ്മളുടെ മരണത്തിനെ കാരണം എന്താ നമ്മൾ മരണമില്ലാത്ത വസ്തുവാണ് ഞാൻ എന്നുള്ള അനുഭവം എല്ലാവർക്കും മരണപ്പേടി ചിത്തവൃത്തിയുടെ മണ്ഡലത്തിൽ വെറുതെ പുറമേ നിന്ന് വന്നിട്ട് പോകുന്നു അത്രയുള്ളൂ നമ്മളുടെ അനുഭവ മണ്ഡലത്തിൽ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ആ ഉണർവ് പൂർത്തി അവബോധം അത് മൃത്യുവിന്റെ സ്പർശമില്ലാത്തതാണെന്ന് നമുക്കൊക്കെ ഉണ്ട് അറിയാം ശരീരത്തിന് മരണമുണ്ട് ശരീരത്തിന്റെ സ്വഭാവമേ മൃത്യുവാണ് അതിന് മൃത്യുവണ്ട് എന്നുള്ളത് നമ്മൾക്ക് എന്തുകൊണ്ട് തോന്നണില്ല എന്ന് വെച്ചാൽ ശരീരബോധം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് കാര്യം വളരെ എളുപ്പമാണ് പക്ഷെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച വിഷമമാണെന്ന് തോന്നും വളരെ എളുപ്പമാണ് ദേഹബോധം ഒന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല അറിയേണ്ടത് ശരിയായ രീതിയിൽ അറിഞ്ഞാൽ മതി അതാണ് പറഞ്ഞത് വേദാന്തം കേൾക്കുമ്പോ ശരിയായ രീതിയില് സമ്പ്രദായത്തില് നമ്മൾ പക്വമായ ബുദ്ധിയോടുകൂടെ കേട്ടാൽ തത്വം തെളിഞ്ഞ് കരതലാമലകം പോലെ തെളിഞ്ഞു തരും കരാംബുവത് തത്വനിഗമോ ഭവിഷ്യതി ആചാര്യസ്വാമികൾ പറയുന്നു ഈ വേദാന്ത അർത്ഥം നല്ലവണ്ണം ശ്രദ്ധയോടെ ശ്രവിച്ച് വിചാരം ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ഉള്ളം കയ്യിൽ അടക്കി വെച്ച് വെള്ളം പോലെ തത്വനികമോ ഭവിഷ്യ ചെയ്യുന്ന തത്വജ്ഞാനം തെളിഞ്ഞു കിട്ടും ഒരു വിഷമല്ല നമ്മൾ വിചാരിക്കുകയാണ് എന്തോ സാധന ചെയ്ത് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ഒരു പ്രോസസ്സിലൂടെ എന്തോ ഒരു ദിവസം ഒരു ലൈറ്റ് ഫ്ലാഷായിട്ട് നമ്മളങ്ങനെ സാക്ഷാത്കാരം നേടി പുറത്തു വരും ഫാൻറ്റസി റൊമാൻറ്റിക് ഇമാജിനേഷൻ വെറും ഭാവനാത്മകമായ വസ്തുതയാണ് അങ്ങനെ വരുന്നതാണ് സാക്ഷാത്കാരമെങ്കിൽ അത് വന്നതുപോലെ തന്നെ പോകുകയും ചെയ്യും കാരണം എന്തു വരുന്നുവോ അത് പോകും എന്തിന് ഭാവം എന്തിന് വരവുണ്ടോ അതിന് പോക്കുണ്ട് അപ്പോ വരണതല്ല വസ്തുസ്ഥിതി ഇപ്പ തന്നെ ഉള്ളതാണ് അശ്രദ്ധ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാണ് അത്രയേ ഉള്ളൂ ആത്മസാക്ഷാത്കാരം നേടിയെടുക്കേണ്ടതല്ല നമുക്കൊക്കെ സാക്ഷാത്കൃതം ആണ് അതിനെന്താ തെളിവ് തെളിവിതാണ് ഞാൻ മരിക്കുമെന്ന് ആർക്കും തോന്നുന്നില്ല കാരണം എന്താ എത്ര തന്നെ മരണം ഉണ്ടെന്ന് കൺവിൻസ് ചെയ്താലും ഉള്ളെന്ന് പറയുന്നു മരണമില്ല എന്ന് പറയണം അത് ശരീരബോധത്തിലേക്ക് വരുമ്പോൾ അവിദ്യയായിട്ട് തീരുന്നു ഈ ശരീരത്തിനെ താനല്ല എന്ന് മാറ്റിക്കഴിഞ്ഞാൽ സാക്ഷാത്കാരം സിദ്ധമാണ് നമുക്ക് ശരീരബോധം ഇല്ല എന്ന് അറിഞ്ഞോളണം ശരീരം അതിന്റെ പാട്ടിൽ നിൽക്കണമോ അത്രേ ഉള്ളൂ നമ്മളുടെ ശ്രദ്ധ സ്വരൂപത്തിലേക്ക് പതിഞ്ഞാൽ ശരീരം നമ്മൾ ഉപദ്രവിക്കില്ല കാരണം എന്താ അത് നമ്മളുടെ സ്വത്തല്ല പ്രകൃതിയുടെ സ്വത്താണ് അത് പ്രകൃതിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കുറച്ചു കാലം ജീവിച്ചിട്ട് മരിച്ചു വീഴും ഉടനെ ആളുകൾ ചോദിക്കും ശരീരബോധം എന്ന് പറഞ്ഞാൽ നുള്ളിയായി വേദനിക്കില്ലേ ചോദിച്ചു വേദനിക്കും ആർക്ക് വേദനിക്കും മനസ്സിന് വേദനിക്കും മനസ്സും ശരീരം തന്നെയാണ് ഈ ഞാനല്ല ഈ നുള്ളുകൊള്ളുന്ന സ്ഥാനവും നുള്ളുകൊണ്ട് വേദനിക്കുന്ന സ്ഥാനവും ഞാനല്ല എന്നെ നല്ലവണ്ണം അകക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞോളണം ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എവിടെയാ ഞാനുള്ളത് എന്റെ എന്നെ തന്നെ എനിക്ക് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു എന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് ഞാൻ ഞാൻ ഞാൻ സദാ പറയുന്നുവല്ലോ അതൊന്ന് ചകഞ്ഞു നോക്കുക ആ അനുഭവത്തിനെ ആ സ്ഫുരണയെ പതുക്കെ പതുക്കെ പതുക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എല്ലാവരുടെ ഉള്ളിലുണ്ട് ആ സ്ഫുരണ യാവതാ ബിരഹം അഹം ഇതി അന്തസ്ഫുടാഗൃഹ്യത്തെ യാസാ ഹൃദയാക്ഷദേഹവിഷയാം ഭാതിസ്വതോ അചേതാ താ ഭാസ്യീതാർക്കമണ്ഡലനിൂർത്തി സദാ ഭാവയൻ യോഗീ നിവൃതമാനസോഹി ഗുരുത്യേഷാ മനീഷാ മമ ആദിശങ്കര ഭഗവത്പാദര് ഗുരുവിന്റെ ലക്ഷണം പറയാം ആരാണ് ഗുരു എന്ന് വെച്ചാൽ തിര്യക്ക് തിര്യക്ക് എന്ന് വെച്ചാൽ വലങ്ങനെയുള്ള ജീവികളും തല നെഞ്ച് വയറ് കാല് ഒക്കെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ജീവികളും മനുഷ്യന് തല മുകളില് മനസ്സ് ചുവട്ടില് വയറ് ഉപസ്ഥൊക്കെ ചുവട്ടില് അങ്ങനെ ഒരു ഓർഡറുകളാണ് വെച്ചിരിക്കുന്നത് നമ്മളിപ്പോ ശീർഷാസനം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് ോട്ടിലും മേലെ അതുകൊണ്ട് തിര്യക്ക് എന്ന് വെച്ചാൽ എല്ലാ ഒരേ തലം തലയ്ക്കും മനസ്സും വയറും ഒക്കെ ഒരേ തലം ആ തിര്യക്കുകളായിട്ടുള്ള ജന്തുക്കളിലും മനുഷ്യനിലും ദേവതകളിലും സകല പ്രാണികളിലും അഹം അഹം ഈ അന്തസ്ഫുടാഗ്രഹ്യത്തെ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് പുതിയതായിട്ട് ഒരു തെരുവിലൂടെ പോകും ഒരു നായുടെ ഒരു നോട്ടം നോക്കണം എന്റെ തെരുവിലേക്ക് വരണമെന്നുള്ള മട്ടിലാണ് അതിനകത്ത് ആ കണ്ണില് കണ്ടാൽ ഒരു ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കാണാം പരിചയമുള്ള ആളാണെങ്കിൽ അതിന്റെ ഭാവം മാറും അതിനകത്തുള്ള ഞാൻ ആണ് ആ ശരീരത്തിനെ ഒരു പക്ഷി ഒരു ഉറുമ്പ് ഒരു കൊതുക് ഏത് ജീവികളിലും നോക്കിക്കൊള്ളുക അഹം ഇതി സ്ഫുടാഗൃഹ്യത്തെ ഞാൻ എന്നീ വണ്ണം എന്തോ ഒന്ന് ധ്വരിക്കും അത് ഉള്ളത്തോളം കാലം ഹൃദയ അക്ഷദേഹ വിഷയാഹ ഭാന്തി ഹൃദയം എന്ന് വെച്ചാൽ ഇവിടെ മനസ്സ് എന്നർത്ഥം മനസ്സ് ഇന്ദ്രിയങ്ങള് ദേഹമൊക്കെ ചലിക്കുന്നു നടക്കുന്നു വർത്തമാനം പറയുന്നു വ്യവഹരിക്കുന്നു പക്ഷെ വാസ്തവത്തിലോ അചേതനാഹ ജഡമാണ് ആശ്ചര്യപ്പെടണം നമ്മളൊക്കെ സിദ്ധന്മാരാണ് സ്വയമേവ ജടവസ്തുക്കൾ എഴുന്നേറ്റ് നടക്കുന്നു വർത്തമാനം പറയുന്നു ചിരിക്കുന്നു രസിക്കുന്നു ഇപ്പൊ നമ്മൾ ആശ്ചര്യപ്പെടുന്നില്ല ഇതേ ഇത് മരിച്ചു എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ട് എണീറ്റ് നിന്ന് അപ്പൊ ആശ്ചര്യപ്പെടും പേപ്പറിൽ വർത്തമാനം വരും ന്യൂസ് വരും മരിച്ചു എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്തത് എണീറ്റ് നിന്നാൽ അപ്പൊ നമുക്ക് ആശ്ചര്യം തോന്നും സ്വത അചേതനാഹ സ്വയമേവ അചേതനമായ ജടവസ്തുക്കൾ ദേഹം മനസ്സ് ഇന്ദ്രിയം ബുദ്ധി ഇതൊക്കെ ഈ ജടപദാർത്ഥങ്ങള് ഈ ഞാൻ എന്നുള്ള സ്ഫൂർത്തി ഉള്ളില് ിക്കുന്നിടത്തോളം കാലം വ്യവഹാരം ചെയ്തു ആ സ്ഫൂർത്തിയെ താം ഭാസ്താർക്ക മണ്ഡല നിഭാം ഇപ്പൊ അത് സ്ഫൂർത്തി ഈ ശരീരത്തിനകത്ത് ഞാൻ എന്ന് തോന്നുന്നു ഓരോ ശരീരത്തിലും ഇങ്ങനെ നോക്കിയാൽ കാണാം ഒരു ഞാനിനെ ഓരോ കണ്ണിലേക്ക് നോക്കിയാൽ ഞാൻ എന്നുള്ളത് കാണാം കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ കാണാം ഓരോ കണ്ണില് നോക്കിയാലും കാണാം അതുകൊണ്ടായിരിക്കും ഇംഗ്ലീഷിൽ ഇ വൈ ഇ ഐയും ഐയും ഒന്നായത് യു ക്യാൻ സീ ദ ഐ ഇൻ ദ ഐരോ കണ്ണിലും ആ കണ്ണിനെ കാണാം യഥാർത്ഥത്തിൽ കണ്ണ് എന്നുള്ളത് ആത്മാവിനുള്ള പേരാണ് പ്രജ്ഞാനേത്രം ബോധചക്ഷസ് അതാണ് കണ്ണിലൂടെ കാണുന്നത് ുഷി പുരുഷ ദൃശ്യത്തെ എന്ന് ഉപനിഷത്ത് തന്നെ പറയുന്നു ഓരോ കണ്ണിലും ഏതൊരു പുരുഷനെ കാണപ്പെടുന്നുവോ അതുകൊണ്ടാണ് കൃഷ്ണന് കണ്ണൻ എന്ന് പേര് കണ്ണിൽ കാണപ്പെടുന്നവൻ അതിപ്പൊ എങ്ങനെ കാണപ്പെടുന്നു